തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ടും അതിൽ നിന്ന് മുഖം തിരിച്ചവനും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ മറന്നവനുമായിരിക്കും ഏറ്റവും വലിയ അക്രമി അവർക്കത് മനസ്സിലാകാതിരിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ നാം മറകൾ വെച്ചു അവരുടെ കാതുകളിൽ ഭദ്രതയും നൽകി നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാലും അവരൊരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല